അതാണ് അള്ളാഹുസുബഹാനഹൂവ റ്റായാല നിങ്ങളുടെ രക്ഷിതാവ് അവനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല അവൻ എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവാണ് അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക അവൻ എല്ലാ കാര്യങ്ങൾക്കും ചുമതലയുള്ളവനാണ്